നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റഫാലം ഫോൺ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്ററുപത് നാൽപ്പത് മൂന്നോ ഒമ്പത് ഒന്ന് നവഗ്രഹങ്ങൾ എന്ന വളരെ വിപുലമായ ഒരു സബ്ജക്റ്റാണ് നമ്മളിനി പറയാൻ പോകുന്നത് ഇത് വളരെ വിപുലമായ സബ്ജക്റ്റാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ലോകം മുഴുവൻ സ്വീകാര്യത ഉള്ളതാണ് ലോകം മുഴുവൻ നമുക്ക് പറയാൻ പറ്റിയ ലോജിക്കുള്ള ഒരു സബ്ജക്റ്റാണ് നവഗ്രഹങ്ങളും അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളും അപ്പം ഒരു വ്യത്യസ്തമായ ചിന്തകൾ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്താണ് നവഗ്രഹങ്ങൾ എന്താണ് അതിൻ്റെ ആരാധനയ്ക്ക് ഇപ്പോൾ ലോ ഇന്ത്യ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ നവഗ്രഹങ്ങളുടെ നവഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ജ്യോതിഷം നവഗ്രഹങ്ങളുടെ ആരാധനകൾ നവഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എല്ലാ സ്ഥലത്തും കാണാം ഇന്ത്യ മുഴുവൻ നവഗ്രഹങ്ങളുടെ ആ ഒരു സ്വാധീനം എല്ലാ പ്രവർത്തനങ്ങളിലും കാണാൻ പറ്റും ആത്മീയ പ്രവർത്തനങ്ങളിൽ ക്ഷേത്രങ്ങളായാലും വ്യക്തിപരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളാണെങ്കിലും എല്ലാം ഈ നവഗ്രഹങ്ങളായി ബന്ധപ്പെട്ടിട്ടാണ് കാണാം ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ കലണ്ടറോ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ കലണ്ടറോ വടക്കേ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കലണ്ടറോ അവരുടെ വിശേഷ ദിവസങ്ങളോ അങ്ങനെ എന്ത് ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അതുപോലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും എല്ലാം നോക്കിക്കഴിഞ്ഞാലും ഇതെല്ലാം നവഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് കാണാൻ പറ്റും നമുക്ക് അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളായിട്ടും ബന്ധപ്പെട്ടത് കാണാൻ പറ്റും എന്തുകൊണ്ട് അത് വന്നു അല്ലെങ്കിൽ എന്താണ് നവഗ്രഹങ്ങൾക്ക് നമ്മൾ പ്രത്യേകിച്ച് ഭാരതീയരുടെ ഈ ജീവിതവുമായിട്ടും ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതിന് വലിയൊരു സ്ഥാനം വരാൻ കാരണം എന്നതിനെ പറ്റിയുള്ള ഒരു അന്വേഷണമാണ് നടത്താൻ പോണത് അപ്പം തെറ്റുണ്ടാവാം ഒക്കെ ഉണ്ടായിരിക്കാം അതിൽ കൂടുതൽ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറക്കണം തിരുത്തി തരണം എന്നുകൂടി അഭ്യർത്ഥിക്കണം ഞാൻ പറഞ്ഞതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി തരിക ശരിയുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ഉൾക്കൊള്ളാം ഞാൻ പറയണത് ഒരു പല രീതിയിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഇന്നത്തെ ഈ പ്രകൃതിയുമായിട്ട് ഇണക്കിക്കൊണ്ട് ഈ നവഗ്രഹങ്ങളെ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ആദ്യമായിട്ട് നമുക്കറിയാം നവഗ്രഹങ്ങൾ ആരൊക്കെയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ദി സൂര്യൻ ചന്ദ്രൻ ചൊവ്വാ ബുധൻ വ്യാഴം ശുക്രൻ ശനി പിന്നെ രാഹു കേതു അതിനെ ശരിക്കും ഗ്രഹങ്ങളായിട്ട് നമ്മൾ കണക്കാക്കണില്ല ഈ നവഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കാണുന്ന ആകാശഗോളങ്ങൾ തന്നെയാണോ ആദ്യമായിട്ട് അതാണ് ചിന്തിക്കേണ്ടത് ഈ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന നവഗ്രഹങ്ങൾ ഇന്ന് നമ്മൾ മുകളിൽ കാണുന്ന ആകാശകോളങ്ങൾ തന്നെയാണോ അവനെ തന്നെയാണോ നവഗ്രഹങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് ചോദിക്കാൻ കാരണം ഓരോ ഗ്രഹവും അനേകം തത്വങ്ങളുടെ അനേകം കാര്യങ്ങളുടെ ഒരു പ്രതീകമാണ് എന്ന് നമുക്ക് വരുത്താലോ വരുത്തുക എന്ന് ചിന്തിക്കാമോ ഈ മനുഷ്യനെ സ്വാധീനിക്കുന്ന അനേകം കാര്യങ്ങളുടെ പ്രതീകങ്ങളായിട്ട് ഈ ഗ്രഹങ്ങളെ നമുക്ക് സങ്കല്പിക്കാമെന്ന് തോന്നണം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന എത്രയോ കാര്യങ്ങളുണ്ട് അതെല്ലാ ലോകം മുഴുവനുള്ളതാണ് ലോകം മുഴുവനുള്ളൊരു പ്രതിഭാസം മനുഷ്യൻ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ളതാണ് ഭൂമി മുഴുവൻ മനുഷ്യനുണ്ട് പൊതുവായി മനുഷ്യനെ സ്വാധീനിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് പൊതുവായ മനുഷ്യൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും മനുഷ്യനിൽ സ്വാധീനം ചെലുത്തുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലോകം മുഴുവൻ പോ ഉണ്ട് അപ്പം അങ്ങനെയുള്ള പൊതുവായ കുറേ കാര്യങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യനിൽ സ്വാധീനമുണ്ടാക്കുന്ന ഊർജങ്ങളുടെ എനർജികളുടെ ശക്തികളുടെ പ്രതീകങ്ങളാണ് നവഗ്രഹങ്ങൾ എന്ന് നമുക്ക് ചിന്തിക്കാലോ ആദ്യമായിട്ട് നമ്മളിത് മനസ്സിലാക്കി ചിന്തിക്കേണ്ടത് പ്ലാനറ്റ് ഗ്രഹത്തിന് ഇംഗ്ലീഷിൽ പ്ലാനറ്റ് എന്നാണ് പറയണത് പ്ലാനറ്റും ഗ്രഹവും ഒന്നല്ല എന്നാണ് പ്ലാനറ്റ് എന്ന ഇംഗ്ലീഷ് വാക്ക് ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇവിടെ ഗ്രഹം എന്ന വാക്കുണ്ട് നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് നവഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ സൂര്യൻ ഒരു ഗ്രഹമായിട്ടല്ല കണക്കാക്കിയിരിക്കുന്നത് ചന്ദ്രനെയും ഒരു ഗ്രഹമായിട്ടല്ല കണക്കാക്കിയിരിക്കുന്നത് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിൽ പ്ലൂട്ടോവിനെ ഇപ്പോൾ ഗ്രഹമല്ലാതെ മാറ്റി അപ്പോൾ എട്ട് ഉള്ളൂ അപ്പോൾ ആ ഒരു അർത്ഥത്തിലല്ല നമ്മളിവിടെ ഗ്രഹം എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിലെ പല വാക്കുകളും നമ്മൾ മലയാളത്തിലേക്കോ അല്ലെങ്കിൽ സംസ്കൃതത്തിലേക്കോ മാറ്റുമ്പോൾ അല്ലെങ്കിൽ സംസ്കൃതത്തിലെ പല വാക്കുകളും ഇംഗ്ലീഷിലേക്കോ അല്ലെങ്കിൽ സംസ്കൃതത്തിലെയും മലയാളത്തിലെയും പല വാക്കുകൾ ഇംഗ്ലീഷിലേക്കോ അല്ലെങ്കിൽ മാറ്റുമ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിന് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം സംസ്കൃതം എന്നത് ഒരു ഒരു വാക്കിന് ഒരു അർത്ഥം ഒരു ശബ്ദത്തിന് തന്നെ വിപുലമായ അർത്ഥങ്ങളുള്ള ഒരു ഭാഷയാണ് സംസ്കൃതം അപ്പോൾ ആ ഒരു വാക്കിനെ കൊണ്ട് അതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ വളരെ ലളിതമായിട്ടുള്ളൊരർത്ഥേ അതിന് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ അങ്ങനൊരു അതാണ് നമ്മൾ ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രഹം ഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള നവഗ്രഹങ്ങൾ അതിലിപ്പോൾ നവല്യ അതാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്നാവ ഗ്രഹം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രഹം ഈ പ്ലാനറ്റല്ല എന്നുള്ളതാണ് സൂര്യനെ നമ്മൾ സൂര്യൻ നക്ഷത്രമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചന്ദ്രൻ ഉപഗ്രഹമാണ് പക്ഷേ ജ്യോതിഷത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ആത്മീയ കാര്യങ്ങളിലൊക്കെ സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹങ്ങളായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് ഭൂമിയെ ഒരു ഗ്രഹമായിട്ട് കണക്കാക്കിയിട്ടുമില്ല എന്തുകൊണ്ട് ഇങ്ങനെ വന്നു ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് കേൾക്കുക അതായത് ഇത് ഇങ്ങനെ ഇത് നമ്മൾ ചിന്തിക്കേണ്ടതുമാണ് നമ്മളെല്ലാം ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉത്തരം കിട്ടില്ല അപ്പം അതുകൊണ്ട് പല കാര്യങ്ങളും പല വാക്കുകളും കാരകത്വം എന്ന വാക്ക് ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്നതാണ് ഇംഗ്ലീഷിലെ റെപ്രസെൻറ്റേഷൻ എന്ന ഒറ്റ വാക്കുകൊണ്ട് അതിൻ്റെ പണി കഴിക്കും കാരകത്വം എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ ഇംഗ്ലീഷിൽ അങ്ങനെ വാക്കുകയുള്ളു പക്ഷേ കാരകത്വം അതായത് ഓരോ ഗ്രഹവും എന്തിനൊക്കെ എന്തും എന്തെല്ലാമായി ബന്ധപ്പെട്ടിരിക്കണു എന്നതാണ് കാരകത്വം കൊണ്ടുള്ള ഒരു നിസ്സാരമായിട്ടുള്ള ഒരു വിശദീകരണം ലളിതമായിട്ടുള്ളത് അതൊന്നും കാരകത്വം എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല അതിനേക്കാളൊക്കെ വിശദീകരിക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പം ഇംഗ്ലീഷിലത് വളരെ ലളിതമായിട്ട് റെപ്രസെൻറ്റേഷൻ എന്നതുകൊണ്ട് ഒറ്റ ഉദ്ദേശമാണ് അതിന് വരുന്നുള്ളൂ അപ്പോൾ അവിടെ മുതൽ നമുക്ക് തുടങ്ങണം തുടർന്നുള്ള ദിവസങ്ങളിൽ കേൾക്കുക നമുക്ക് ചിന്തിക്കാം നമുക്ക് വേറൊരു വഴിയിലൂടെ പോകാം എല്ലാവരും സഹകരിക്കുക നമസ്കാരം